യൂണിറ്റ് രാജമ്മ ചേച്ചിക്ക് സമയം പോക്കാൻ നല്ല വഴിയായി വേനലവതിക്ക് ചെറുമക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവരെ കളിപ്പിക്കാനും നോക്കാനും ഒക്കെ കുറച്ച് പാടുതന്നെ അല്ലേ വയസ്സുകാലത്ത് അതൊക്കെ അല്ലേ മോളെ ഒരു സന്തോഷം അവർക്ക് ദിവസവും എന്നെ കൊണ്ട് ഒരഞ്ചാർ കഥ പറയിക്കണം അതാണ് അവരുടെ വിനോദം അതുമാത്രമല്ല അപ്പൂപ്പനെ വേഷം കെട്ടിക്കാനും പാട്ടു പാടിക്കാനും ഒക്കെ മിടുക്കറാണവർ പക്ഷെ രാവിലെയും ഉച്ചയ്ക്കും അവരെ ആഹാരം കഴിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് സമയത്ത് നുറക്കാൻ അതിനേക്കാളും പാട് പച്ച അണ്ടിപ്പരിപ്പും ഒക്കെ പറിക്കാനും തിന്നാനുമാണ് അവർക്കിഷ്ടം അതൊക്കെ തന്നെ അമ്മയുടെയും പരാതി എൻറെ മക്കളും ഇതുപോലെ തന്നെ അമ്മൂമ്മയെ ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കാനാണ് അവർക്ക് താല്പര്യം അപ്പൂപ്പനെ ഹിന്ദി സിനിമ കാണിക്കാൻ അതിനേക്കാൾ ഉത്സാഹം അവരുടെ പഠിത്ത കാര്യത്തിൽ മാത്രം നോട്ടമില്ല ഊണിന്റെ കാര്യത്തിലും ശ്രദ്ധയില്ല പക്ഷെ അവരുടെ അച്ഛനോട് മാത്രം ഈ സ്വാതന്ത്ര്യം ഒന്നുമില്ല അച്ഛനെ ഭയങ്കര പേടിയുമാണ് രാഘവൻ പണ്ടേ ഗൗരവക്കാരനായിരുന്നല്ലോ കുട്ടിക്കാലത്തുപോലും അവന് സമപ്രായക്കാരോട് അത്ര കൂട്ടുകെട്ടില്ലായിരുന്നു ഇപ്പോൾ പിന്നെ പ്രൊഫസറല്ലേ അക്രമി പിള്ളേരെ പഠിപ്പിക്കണം അപ്പോൾ അവരെ കുറെയൊക്കെ അടുപ്പിക്കണമല്ലോ ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്ക് ആരെ കൊണ്ടും എന്തും ചെയ്യിപ്പിക്കാൻ കഴിവുണ്ട് ക്ലാസ് നടത്താനും പാഠം തീർക്കാനും കോളേജ് അടക്കാനും തുറക്കാനും ഒക്കെ അവരുടെ അനുവാദം വേണം സാറന്മാരെ വരുത്താനും മാറ്റാനും ഒക്കെ അവർക്ക് സാമർഥ്യമുണ്ട് അതൊക്കെ ശരി പക്ഷെ ചേട്ടൻ മുറ പോലെ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് പിന്നെ പിള്ളേരോട് തമാശയ്ക്കോ വഴക്കിനോ ഒന്നും അതുകൊണ്ട് അങ്ങനെ കഴിയുന്നു പിള്ളേരുടെ ശല്യമൊന്നുമില്ല റിപ്പീറ്റ് ആരെ വിലാസിനിയോ വരൂ വരൂ ആരെ വിലാസിനിയോ വരൂ വരൂ രാജമ്മ ചേച്ചിക്ക് സമയം പോക്കാൻ നല്ല വഴിയായി രാജമ്മ ചേച്ചിക്ക് സമയം പോക്കാൻ നല്ല വഴിയായി വേനലൗതിക്ക് ചെറുമക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ വേനലവധിക്ക് ചെറുമക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവരെ കളിപ്പിക്കാനും നോക്കാനും ഒക്കെ കുറച്ച് പാടുതന്നെ അല്ലേ അവരെ കളിപ്പിക്കാനും നോക്കാനും ഒക്കെ കുറച്ച് പാടുതന്നെ അല്ലേ വയസ്സുകാലത്ത് അതൊക്കെ അല്ലേ മോളെ ഒരു സന്തോഷം വയസ്സുകാലത്ത് അതൊക്കെ അല്ലേ മോളെ ഒരു സന്തോഷം ദിവസവും എന്നെ കൊണ്ട് ഒരഞ്ചാറ് കഥ പറയിക്കണം അവർക്ക് ദിവസവും എന്നെ കൊണ്ട് ഒരഞ്ചാറ് കഥ പറയിക്കണം അതാണ് അവരുടെ വിനോദം അതാണ് അവരുടെ വിനോദം അതുമാത്രമല്ല അതുമാത്രമല്ല അപ്പൂപ്പനെ കൊണ്ട് വേഷം കെട്ടിക്കാനും അപ്പൂപ്പനെ കൊണ്ട് വേഷം കെട്ടിക്കാനും പാട്ട് പാടിക്കാനും ഒക്കെ മിടുക്കറാണവർ പാട്ടു പാടിക്കാനും ഒക്കെ മിടുക്കറാണവർ പക്ഷേ രാവിലെയും ഉച്ചയ്ക്കും പക്ഷേ രാവിലെയും ഉച്ചയ്ക്കും അവരെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് അവരെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് സമയത്ത് ഉറക്കാൻ അതിനേക്കാളും പാട് സമയത്തൊന്നുറക്കാൻ അതിനേക്കാളും പാട് പച്ച മാങ്ങയും അണ്ടിപ്പരുപ്പും ഒക്കെ യും അണ്ടിപ്പരിപ്പും ഒക്കെ തിന്നാനുമാണ് അവർക്കിഷ്ടം പറിക്കാനും തിന്നാനുമാണ് അവർക്കിഷ്ടം അതൊക്കെ തന്നെ അമ്മയുടെയും പരാതി അതൊക്കെ തന്നെ അമ്മയുടെയും പരാതി എന്റെ മക്കളും ഇതുപോലെ തന്നെ എന്റെ മക്കളും ഇതുപോലെ തന്നെ അമ്മൂമ്മയെ ഇംഗ്ലീഷും ഹിന്ദിയും അമ്മൂമ്മയെ ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കാനാണ് അവർക്ക് താൽപ്പര്യം പഠിപ്പിക്കാനാണ് അവർക്ക് താല്പര്യം അപ്പൂപ്പനെ ഹിന്ദി സിനിമ കാണിക്കാൻ അപ്പൂപ്പനെ ഹിന്ദി സിനിമ കാണിക്കാൻ അതിനേക്കാൾ ഉത്സാഹം അതിനേക്കാൾ ഉത്സാഹം അവരുടെ പഠിത്ത കാര്യത്തിൽ മാത്രം നോട്ടമില്ല അവരുടെ പഠിത്ത കാര്യത്തിൽ മാത്രം നോട്ടമില്ല ഊണിന്റെ കാര്യത്തിലും ശ്രദ്ധയില്ല ഊണിന്റെ കാര്യത്തിലും ശ്രദ്ധയില്ല പക്ഷെ അവരുടെ അച്ഛനോട് മാത്രം ഈ സ്വാതന്ത്ര്യമൊന്നുമില്ല പക്ഷെ അവരുടെ അച്ഛനോട് മാത്രം ഈ സ്വാതന്ത്ര്യമൊന്നുമില്ല അച്ഛനെ ഭയങ്കര പേടിയുമാണ് അച്ഛനെ ഭയങ്കര പേടിയുമാണ് രാഘവൻ പണ്ടേ ഗൗരവക്കാരനായിരുന്നല്ലോ രാഘവൻ പണ്ടേ ഗൗരവക്കാരനായിരുന്നല്ലോ കുട്ടിക്കാലുപോലും അവന് സമപ്രായക്കാരോട് കുട്ടിക്കാലുപോലും അവന് സമപ്രായക്കാരോട് അത്ര കൂട്ടുകെട്ടില്ലായിരുന്നു അത്ര കൂട്ടുകെട്ടില്ലായിരുന്നു ഇപ്പോൾ പിന്നെ പ്രൊഫസറല്ലേ ഇപ്പോൾ പിന്നെ പ്രൊഫസറല്ലേ അക്രമി പിള്ളേരെ പഠിപ്പിക്കണം അക്രമി പിള്ളേരെ പഠിപ്പിക്കണം അപ്പോൾ അവരെ കുറെയൊക്കെ അടുപ്പിക്കണമല്ലോ അപ്പോൾ അവരെ കുറെയൊക്കെ അടുപ്പിക്കണമല്ലോ ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്ക് ആരെ കൊണ്ടും ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്ക് ആരെക്കൊണ്ടും എന്തും ചെയ്യിപ്പിക്കാൻ കഴിവുണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ കഴിവുണ്ട് ക്ലാസ് നടത്താനും പാഠം തീർക്കാനും ക്ലാസ് നടത്താനും പാഠം തീർക്കാനും കോളേജ് അടയ്ക്കാനും തുറക്കാനും കോളേജ് അടയ്ക്കാനും തുറക്കാനും ഒക്കെ അവരുടെ അനുവാദം വേണം ഒക്കെ അവരുടെ അനുവാദം വേണം സാറന്മാരെ വരുത്താനും മാറ്റാനും സാറന്മാരെ വരുത്താനും മാറ്റാനും ഒക്കെ അവർക്ക് സാമർഥ്യമുണ്ട് ഒക്കെ അവർക്ക് സാമർഥ്യമുണ്ട് അതൊക്കെ ശരി അതൊക്കെ ശരി പക്ഷേ ചേട്ടൻ മുറ പോലെ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ചേട്ടൻ മുറ പോലെ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട് പിന്നെ പിള്ളേരോട് തമാശയ്ക്കോ വഴക്കിനോ പിന്നെ പിള്ളേരോട് തമാശയ്ക്കോ വഴക്കിനോ ഒന്നും പോകുന്നുമില്ല ഒന്നും പോകുന്നുമില്ല അതുകൊണ്ട് അങ്ങനെ കഴിയുന്നു അതുകൊണ്ട് അങ്ങനെ കഴിയുന്നു പിള്ളേരുടെ ശല്യം ഒന്നുമില്ല പിള്ളേരുടെ ശല്യം ഒന്നുമില്ല ിൽ നമ്മുടെ സമയം വെറുതെ പോകുന്നു നമ്മുടെ സമയം വെറുതെ പോകുന്നു സമയം പോക്കാൻ നമ്മൾ ജോലി ചെയ്യണം സമയം പോക്കാൻ നമ്മൾ ജോലി ചെയ്യണം ജോണി കാറിൽ കയറുന്നു ജോണി കാറിൽ കയറുന്നു ഞാൻ ജോണിയെ എന്റെ കാറിൽ കയറ്റുന്നു ഞാൻ ജോണിയെ എന്റെ കാറിൽ കയറ്റുന്നു കുട്ടി ഉറങ്ങുന്നു കുട്ടി ഉറങ്ങുന്നു അമ്മ കുട്ടിയെ ഉറക്കുന്നു കുട്ടിയെ ഉറക്കുന്നു ഈ പാഠം ഇന്ന് തീരുന്നു ഈ പാഠം ഇന്ന് തീരുന്നു നമുക്ക് ഇന്ന് ഈ പാഠം തീർക്കാം നമുക്ക് ഇന്ന് ഈ പാഠം തീർക്കാം കാറ്റത്ത് വാതിൽ അടയുന്നു കാറ്റത്ത് വാതിൽ അടയുന്നു കുട്ടി വാതിൽ അടയ്ക്കുന്നു കുട്ടി വാതിൽ അടയ്ക്കുന്നു കുഞ്ഞ് ഉണരുന്നു കുഞ്ഞ് ഉണരുന്നു അമ്മ കുഞ്ഞിനെ ഉണർത്തുന്നു അമ്മ കുഞ്ഞിനെ ഉണർത്തുന്നുളിൽ കഥകളി നടക്കുന്നു ടൗൺഹാളിൽ കഥകളി നടക്കുന്നു കലാമണ്ഡലക്കാർ കഥകളി നടത്തുന്നു കലാമണ്ഡലക്കാർ കഥകളി നടത്തുന്നു എന്റെ കൂട്ടുകാരൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നു എന്റെ കൂട്ടുകാരൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നു ഞാൻ എന്റെ കൂട്ടുകാരനെ ഞങ്ങളുടെ വീട്ടിൽ വരുത്തുന്നു ഞാൻ എന്റെ കൂട്ടുകാരനെ ഞങ്ങളുടെ വീട്ടിൽ വരുത്തുന്നു കുട്ടി ചിരിക്കുന്നു അമ്മ കുട്ടിയെ ചിരിപ്പിക്കുന്നു അമ്മ കുട്ടിയെ ചിരിപ്പിക്കുന്നു അപ്പൂപ്പൻ കഥ പറയുന്നു അപ്പൂപ്പൻ കഥ പറയുന്നു കുട്ടികൾ അപ്പൂപ്പനെ കഥ പറയിക്കുന്നു കുട്ടികൾ അപ്പൂപ്പനെ കൊണ്ട് കഥ പറയിക്കുന്നു കുട്ടികൾ അപ്പൂപ്പനെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നു കുട്ടികൾ അപ്പൂപ്പനെ കഥ പറയിപ്പിക്കുന്നു കുട്ടി ആഹാരം കഴിക്കുന്നു കുട്ടി ആഹാരം കഴിക്കുന്നു അമ്മ കുട്ടിയെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നു അമ്മ കുട്ടിയെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നു അമ്മ െ വിളിക്കുന്നു അമ്മ അച്ഛനെ വിളിക്കുന്നു അമ്മ എന്നെ കൊണ്ട് അച്ഛനെ വിളിപ്പിക്കുന്നു അമ്മ എന്നെ കൊണ്ട് അച്ഛനെ വിളിപ്പിക്കുന്നു രാജ്യം പടം കാണുന്നു രാജ്യം പടം കാണുന്നു ഞാൻ രാജ്യത്തിനെ പടം കാണിക്കുന്നു ഞാൻ രാജ്യത്തിനെ പടം കാണിക്കുന്നു ഞാൻ രാജ്യത്തിനെ കൊണ്ട് പടം കാണിപ്പിക്കുന്നു ഞാൻ രാജ്യത്തിനെ കൊണ്ട് പടം കാണിപ്പിക്കുന്നു രാധ പാഠം പഠിക്കുന്നു രാധ പാഠം പഠിക്കുന്നു ഞാൻ രാധയെ പാഠം പഠിപ്പിക്കുന്നു ഞാൻ രാധയെ കൊണ്ട് പാഠം പഠിപ്പിക്കുന്നു ഞാൻ രാധയെ കൊണ്ട് പാഠം പഠിപ്പിക്കുന്നു ബിൽഡപ് ഡ്രിൽ മോഡൽപ്പിക്കുന്നു കുസുമത്തിനെ കൊണ്ട് വത്സല കുത്തിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു നൗ ഫോളോ ദോഡൽ പറയിക്കുന്നു ഉത്തരം പറയിക്കുന്നു ചോദ്യത്തിന് വിദ്യാർത്ഥികളെ കൊണ്ട് ചോദ്യത്തിന് ഉത്തരം പറയിക്കുന്നു ടീച്ചർ വിദ്യാർത്ഥികളെ കൊണ്ട് ചോദ്യത്തിന് ഉത്തരം പറയിക്കുന്നു കാണിക്കണ്ടേ സിനിമ സിനിമ കാണിക്കണ്ടേ ഈ സിനിമ കാണിക്കണ്ടേ കുട്ടികളെ ഈ സിനിമ കാണിക്കണ്ടേ നമുക്ക് കുട്ടികളെ ഈ സിനിമ കാണിക്കണ്ടേ ഉണ്ട് കഴിവ് കഴിവുണ്ട് ചെയ്യിക്കാനും ചെയ്യിക്കാനും കഴിവുണ്ട് എന്തു എന്ത് ചെയ്യിക്കാനും കഴിവുണ്ട് ആരെക്കൊണ്ടും എന്ത് ചെയ്യിക്കാനും കഴിവുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ആരെക്കൊണ്ടും എന്തു ചെയ്യിക്കാനും കഴിവുണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ആരെക്കൊണ്ടും എന്തു ചെയ്യിക്കാനും കഴിവുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ അവനെ ആ കാര്യം പറയിക്കണം അവനെ കൊണ്ട് ആ കഥ പറയിക്കണം സത്യം അവനെ ആ സത്യം പറയിക്കണം മധുവിനെ കൊണ്ട് പാല് കുടിപ്പിക്കണം കാപ്പി മധുവിനെ കാപ്പി കുടിപ്പിക്കണം ചായ മധുവിനെ കൊണ്ട് ചായ കുടിപ്പിക്കണം വെള്ളം മധുവിനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കണം മോര് െ കൊണ്ട് മോരു കുടിപ്പിക്കണം തൈര് മധുവിനെ കൊണ്ട് തൈര് കുടിപ്പിക്കണം ശാരദയെ കൊണ്ട് ആഹാരം കഴിപ്പിക്കണം മരുന്ന് ശാരതയെ മരിന്നു മരുന്ന് ഗുളിക ശാരദയെ കൊണ്ട് ഗുളിക കഴിപ്പിക്കണം പലഹാരം ശാരതയെ കൊണ്ട് പലഹാരം കഴിപ്പിക്കണം ഊണ് ശാരദയെ കൊണ്ട് ഊണ് കഴിപ്പിക്കണം എന്നെ കൊണ്ട് മലയാളത്തിൽ സംസാരിപ്പിക്കാമോ ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് മലയാളത്തിൽ സംസാരിപ്പിക്കാമോ അവനെ കൊണ്ട് അവനെ കൊണ്ട് മലയാളത്തിൽ സംസാരിപ്പിക്കാമോ വേണുവിനെ കൊണ്ട് മലയാളത്തിൽ സംസാരിപ്പിക്കാമോ സരോജത്തിനെ കൊണ്ട് സരോജത്തിനെ കൊണ്ട് മലയാളത്തിൽ സംസാരിപ്പിക്കാമോ കമലയെ കമലയെ കൊണ്ട് മലയാളത്തിൽ സംസാരിപ്പിക്കാമോ പ്രദീപിനെ കൊണ്ട് മലയാളത്തിൽ സംസാരിപ്പിക്കാമോ റീസ്റ്റേറ്റ്മെന്റൽ മോഡൽ കുട്ടി സംസാരിക്കുന്നു അവർ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നു നൗ ഫോളോ ദോഡൽ സരള പാട്ടുപാടുന്നു അവർ സരളയെ കൊണ്ട് പാട്ട് പാടിക്കുന്നു ഓർ അവർ സരളയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു അമ്മ പലഹാരം ഉണ്ടാക്കുന്നു അവർ അമ്മയെ കൊണ്ട് പലഹാരം ഉണ്ടാക്കുന്നു മധു പാഠം മനസ്സിലാക്കുന്നു അവർ മധുവിനെ കൊണ്ട് പാഠം മനസ്സിലാക്കിപ്പിക്കുന്നു ചേട്ടൻ കഥകളി ആസ്വദിക്കുന്നു അവർ ചേട്ടനെ കൊണ്ട് കഥകളി ആസ്വദിപ്പിക്കുന്നു െ മാറ്റുന്നു അവർ അച്ഛനെ അനിയനെ മാറ്റിക്കുന്നു കുട്ടികൾ ആഹാരം കഴിക്കുന്നു അവർ കുട്ടികളെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നു താര സീതയുടെ വേഷം കെട്ടുന്നു അവർ താരയെ കൊണ്ട് സീതയുടെ വേഷം കെട്ടിക്കുന്നു രാമു എന്നെ വിളിക്കുന്നു അവർ രാമുവിനെ കൊണ്ട് എന്നെ വിളിപ്പിക്കുന്നു അവർ വാസുവിനെ കൊണ്ട് മോര കുടിപ്പിക്കുന്നു മധു ാഠം പഠിപ്പിക്കുന്നു അവർ മധുവിനെ കൊണ്ട് പാഠം പഠിപ്പിക്കുന്നു